മൂസഅലഹിസലാം തൻറെ കുടുംബത്തോട് പറഞ്ഞു ഞാനൊരു തീ കണ്ടിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്കൊരു വാർത്തയുമായി വരാം അല്ലെങ്കിൽ നിങ്ങൾ ചൂടാകാൻ വേണ്ടി ഒരു കനൽ കൊണ്ടുവരാം